ൂര അളവരുളാളനും നികുടയോ അല്ലാഹുവരൽ തവങ്ക്േം ഇവേത്തിൽ വസനങ്ങളാകും നബിയേ അവർ മൂമീനുകള ദുഃഖത്താൽ തമ്മെ താമേ അഴിത്തു കൊള്ളീർ പോലും നാം നാടിനാൽ അവരുടെ കഴത്തുകൾ പണിന്ന് കുനിന്ന് വരും ചെയ്യൂടി അത്താക്ഷിയെ വാനത്തിലോട്ടി വരും അവർ പുറക്കണിക്കാമെല്ലാം ഇവേദത്തെയും പൊയ്പിക്ക മുപ്പിനും അവർ എതായി പരിഹസിച്ചു കൊണ്ടു കളോ അതുകൊണ്ട് അവസാന സീക്കരമേ വന്ന് സേരും അവർ ഭൂമിയെ പാർക്കില്ല അതിൽ സങ്കയാണ് എത്ത മരം കൊടിയാണവറ്റോടി ജോഡിയാ നാം മുളപ്പിട്ട് നിശ്ചയമാർ നമ്പിക്കോരായി ഇല്ലേ അന്തിയും നബിയേ നിശ്ചയമാപ്പു വല്ല മിക്കവൻ മിക്ക കൃുകവൻ ഉം ഇറവൻ മൂസാവിടം അനുയായക്കാര സമൂഹത്തിടംക സമയത്തെ നിലവൂർ സമൂഹത്താരിടം അവർ അവർ എന്നെ പൊയ്പ്പിപ്പിച്ചു ഭയപ്പെടുക നെഞ്ചു നെരുക്കളിക്ക് പേശമി എൻ നാവും അസയാത് ആകെ എന്നുടൻ ഹർനയും അനുഭവം അവർക്ക് എൻ മീതു ഒരു കുറ്റച്ചാട്ടും അവ കൊണ്ട് വിടുവർ എൻ്റെ അതർക്ക് ഇവൻ അവരും നം അട്ടാക്ഷികൾ നിശ്ചയമാ നാം ഉള്ളവിയപ്പോൾ കൂറിനാ നിങ്ങൾ ഇരുവരും ഹ്രാവനം ചെല്ലുങ്ക അമനം കൂടുങ്ങൾ നിശ്ചയമാഖിലത്താക്ക് രപ്പു ആണെൻ്റ് തൂത ഇസ്രായലുകളെ അനപ്പിവിടു കൂരുങ്ങൾ കൊലയും ചെയ്തു നന്തി മറന്നവരും ആകിവിട്ടും കൂടിയാണ് മൂസാ കൂറിനിയവളിൽ ഒരുവനായി അതെവിട്ടേ ആകെ ഉപ്പിന്നോ ഉ ഓടിഞ്ഞു ന്യായത്തെയും അത് അവതരുകളിൽ എന്നെ ഒരുവനു ഇസ്രായലുകള അടിമയായി വയ്ക്കൊണ്ടിരിക്കും നിലയിൽ ഇത് നീ എനിക്ക് കൂടിയ ബാക്യമാകുമ അഖിലത്താർക്ക് റപ്പു യാർട്ടു മൂസാ വാനും ഭൂമിക്കും ഇവ്രിണ്ടക്കും ഇടയെ ഉള്ളവറ്റും റപ്പാൻവനേ അഖിലത്താറും ഇവൻ ആവാന് തന്നെ നോക്കി ഇവർമെടുക്കുന്ന അല്ലവാൻ കേട്ടു അപ്പോഴും മൂസാ ഉപ്പുറ മൂതാദയരു അവനേ റപ്പു ആവാന് അവൻ നിശ്ചയമാങ്ങളുടെ അനുപെട്ടിരിക്കേ ഉ ദൂതർ അവർ ഒരു പൈറ്റിയക്കാരേ ആവർണ കൊള്ളി ആവർത്തിനു മൂസാ ഉണർന്ന് കൊള്ളവുകളും മേഖല ഇന്നും ഇവ ഇരണ്ടും ഇടയേപ്പവർക്കും റപ്പു ആവാന് ി വേറെ നായിനെ ഏർപ്പെടുത്തിക്കൊള്ളവീരായി നിശ്ചയമാരെ പട്ടോ ഒരുവരായി നാക്കി വിടുവേൻകൂറിനാ അതൊക്കെ അവർ നാൾ ഉനക്ക് തെളിവാണ് അത്താക്ഷിപ്പൊരു കൊണ്ടുവന്നാലു കേട്ട ഉണ്മയ്പ്പെ നീർ കൊണ്ടുവറും പതിൽ കൂറിനാ അവർ തം തടിയെ കീഴേ എറിഞ്ഞ അത് പരിതൊരു മലപ്പാമ്പായിട്ടത് അവർ തയ്യാ വെളിയിൽ എടുത്ത അത് പാർപ്പവർക്ക് പളിച്ചിടും വെൺമയാനി തറമിക്കൂനക്കാരേനാണ് ഇവർ തം സൂന്യത്തെ കൊണ്ട് ഉണ്ടെ ഉൾവിട്ടും വെളിയേറ്റ നാടുകി കൂറും യോസന അവർക്ക് അവർ അവരുടെ അവരുടെ സഹോദരരുടെ ചെറിയ തവണ കൊടുത്തുവിട്ട് പല പട്ടിണങ്ങൾക്ക് തരട്ടിക്കൊണ്ട് വരുവോ അനുപി വെപ്പീരുക അവർ സൂന്യത്തിൽ മഹാ വല്ലവർ കളയെല്ലാം ഉമ്മടം കൊണ്ടുവരുവർ അവറെ സൂന്യത്തിൽ മഹാ വല്ലവർ കളയെല്ലാം നനു അറിയപ്പെട്ട ഒരു നാളിൽ കുറിപ്പിച്ച വേളയിൽ ഒന്ന് തരട്ട ഇന്നും മക്കളം േരത്തിൽ എല്ലോരും വളത് ഏനാൽ സൂനിയക്കാര അവ പിൻപറ്റൂടും ആകെ സൂനിയ മഹാ വല്ലവർല്ലാം സേർന്നു അവർ പെർ നോക്കി പിന്നാൽ മൂസാവ വെന്ത്വിട്ടാൽ നിശ്ചയമാല്ലവാട്ട വകുമതി കിടക്കും ഇന്നും നിശ്ചയമാെരുക്കമാണെങ്കിൽ ആകിവിടുവീ അവൻ കൂറിനാ മൂസാ അവ നോക്കി നിങ്ങൾ എറിയക്കൂടിയതേ എറിയുണ്ടെന്ന് കൂറിനാ അവർ തങ്ങൾ കയറുകളെയും തടികളെയും എറിന് പറ്റിയ സിപ്പിൻ മീതു ആണയായി നാമേ വെറ്റിയവം എന്ന് കൂറിനാ പൂസാ തൈത്തളിയെ കീഴേ എറിഞ്ഞ ഇത് പാത്തവു മഹാ വല്ലവാനി സജിതാ ചെയ്തു അഖിലങ്ങൾക്ക് എല്ലാവറ്റിപ്പിച്ചോ അവനെ ഇറവനാവാൻ കൂറി അതുകൊണ്ട് അവക്കി ഉന്നരേ അവരിടം ഈമാൻ കൊണ്ട് വിട്ടീകളു സൂനിയ കറ്റൊടുത്ത ഉണ്ടെവിടെ അവർക്കു സീക്കരത്തിൽ വിളവെങ്കിൽ നിശ്ചയമാറ മാറുകൾ സിലുവയിൽ അറിഞ്ഞ് കൊണ്ട് വിടുവേന അവൻ അതിനാൽ എങ്ങനെ എന്ത് കെവിയും ഇല്ല നിശ്ചയമാൽവോം അഞ്ചെയും മോമിംഗ് ആണവിൽ മുൻമയു എങ്ങൾ കുറ്റങ്ങളെ എങ്ങനെ മന്നിട്ടു വിടുവാൻ എന്ന് നാൽപ്പ് വഹിക്കുന്നോറിഞ്ഞ അടിയാകളെ അഴൈത്തൊണ്ട് ഇരവോട് ഇരവടും നിശ്ചയമാൻ തുടരപ്പെടുവീ മൂസാക്ക് വകി അറിയിപ്പോ അവൾ അവൻ ആടക്കളെ തരട്ടവരെ പട്ടണങ്ങൾക്ക് അനുഭവി വെച്ചാൽ നിശ്ചയമാ ഇവർ മികവും തൊഴിലാളി നിശ്ചയമാരും കോപത്തുളളി വിട്ടും നിശ്ചയമായുധപാണികളും അപ്പോൾ നാം അവരെ വിട്ടും വിട്ടും വെളിയേറ്റിവിട്ടോ ഇന്നും അവക്കിഷങ്ങളെ വിട്ടും കണ്യമാണ് വീടുകളെ വിട്ടും അവളിയേറ്റിനോ അവർ അവ വാരികളാകും നാം ആക്കിനോ പരിയൻ ഉദി നൽകുന്ന പ്രൗനത്താർ ഇവർ പിന്തുടർന്ന ഇവവിരു കൂട്ടും ഒരുവരെ ഒരു കണ്ട പോയ നാം പിടിപെട്ടോം മൂസാവും തോളുകൾ കൂടി അവർക്ക് മൂസാ ഒരു കാലം ഇല്ല നിശ്ചയമാക്കി സീക്കരമേ അവൻ വഴികാട്ടുവാണ് കൂറിഞ്ഞു ഉം കൈത്തറിയാൽ ഇന്ന കടലയേ അടിയും വകി അറിവിത്തോ അവ പകുതിയും പെരും മലൈപോ ആകിവിട്ടത് പിന്തുടർന്ന് വന്നവരെയും നാം നെടുങ്കച്ചോം നാം മൂസാവെയും അവരുടെ ഇരുന്ന് അനുവരെയും കാപ്പാറ്റോ പറ്റവർ സ്രാവന കൂട്ടത്താറെ നാം മൂഴ്കടി വിട്ടോ നിശ്ചയമാതിലേ അത്താക്ഷി എനും അവരുപാലോർ നമ്പിക്കൊളവില്ലേ നിശ്ചയമായ ഉമ്മ റപ്പു യാവരെയും മികത്തവനാ സിപെ ഉടയവനാ ഇന്നും ഇവർക്കു ഇബ്രാഹീമ ഓദി കാണിപ്പീരുക അവർ തൻ തന്നെയും തൻ സമൂഹത്തവരെയും നോക്കി നിങ്ങൾ എതെ വണങ്ങുകൾ കേട്ടപോലെ അവർ ോ നാം അവ നിലത്തിനു ഇബ്രാഹീം കൂറിനാ അവ അല്ല ഉള്ളത് തീമിദ് അപ്പോൾ അവർ ഇല്ല എങ്ങൾ മൂതാദയർ ഇവറെ വഴിപാട് ചെയ്യാൻ കണ്ടോം അവൻ എത വണങ്ങിക്കൊണ്ടിരുന്ന എൺപ നിങ്ങൾ പാത്തീകളാ ഉൾ മുന്തയ മൂതാദയ നിശ്ചയമാവു വരോധികളേ അഖിലങ്ങൾക്കെല്ലാം റബ്ബാനവനെ തവറ അവനേ കാപ്പവൻ അവനെ എന്നെ പഠിച്ചാൻ പിന്നും അവനേ എനക്ക് നേർവഴി കാണിക്കാൻ അവനേ എനക്ക് ഉണവളിക്കാൻ അവനേ എനക്ക് കുളിപ്പാട്ടുകോയുറ്റാലും അവനേ എന്നെ കുണപ്പെടുത്തുക അവനേ എന്നെ മരിക്കേ എന്നെ ഉയർപ്പിപ്പാൻ ന്യായ തീർപ്പനാളും എനിക്കാ എൻ കുറ്റങ്ങളെ മന്നിപ്പവൻ അവനേ എന്ന് നാ ആദരവ് വയ്ക്കുക ഇവനേ നീ എനിക്ക് ഞാനത്തെ അളിപ്പായാ സാലികളുടൻ നല്ലവർ എന്നെ സേർത്തു വെപ്പായാ ഇന്നും പിൻവരും സന്താവിനാൽക്ക് സത്യത്തിൽ നപ്പയരെ ഉണ്ടാക്കുവായാ ഇന്നും ബാക്യം നിറൈത സുവനകദിയൻ വാരിസിക്കാൻ ഒരുവനാ എന്നെ ആക്കി വെപ്പായും മന്നിപ്പായാ നിശ്ചയമാർ വഴികെട്ടവറിൽ ഒരുവരായി ഇന്നും മനുഷ്യർ ഉയർ കൊടുത്ത് എഴുപ്പിൽ ഇഴിക്ക് ഉള്ളാക്കാതിരുപ്പായ അും യാതൊരു പയനും അളിക്കമാട്ടവർ ഒരു പരിസുത്തൃതയത്തെ അല്ലാഹിവിടം കൊണ്ടുവരുകാരോ അവർ കണ്ണ്യം അടവർ ഭയപക്തി ഉടയവർക്ക് അരികിൽ സുവനപതി കൊണ്ടുവരപ്പെടും വഴി തവറിയവർക്ക് എതിരേ നരകം കൊണ്ടുവരപ്പെടും ഇന്നും അവർ വണങ്ങി വഴിപെട്ടവ എങ്കേ അല്ലാഹ് വൈ അതെ വണങ്ങിനേ ഇപ്പോ ഉദവി ചെയ്യുമാ അല്ലേനും ഉദവി ചെയ്തു കൊള്ളുമാ പിന്നെ അവ മുറ അൻ നരകത്തിൽ തള്ളയും അവണങ്ങി വഴിതവരെ പോണവുകളും ഇബിലീസിനേകളും ആകിയ എല്ലോ കൂട്ടാ അവർ അതിൽ അവർ തങ്ങൾക്ക് തർക്കിത്ത് കൊണ്ട് കൂടുവിൻ മീരു ആണയ നാം വെളിപ്പെടാന വഴികേട്ടിലേതോ ഉണ്ടെ നാൽ അഖിലങ്ങൾക്കെല്ലാം റപ്പാ ഇരുപ്പവനുടൻ സരി സമാനം ഉള്ളവയ ആക്കി വെച്ചോമേ അപ്പോൾ ഇന്നുറ്റളികളാം എങ്ങനെ വഴിയെടുത്തവർ ആകെ എങ്ങനാ പരിന്ന്പേശോർ ഇന്ന് എവരും ഇല്ല അനുതാപമുള്ള ഉറ്റ നമ്പനും ഇല്ല ഉലകത്തുക്ക് മീണ്ടും വഴി കിടക്കമായ നിശ്ചയമാകി വിടുവോമേ എന്നും കൂടുവാൽ നിശ്ചയമാതിൽ ഓർ അത്താക്ഷി എനും അവർ പെരുമ്പാലോർ നമ്പിക്കെ കൊള്ളില്ലേലും നിശ്ചയമാവരെയും മികത്തോനാ കരുവ ഉടയവനാൻ നൂഹ് ഉടയ സമൂഹത്താരും ഇരദൂതെ കൊയ്പ്പിത്ത അവ സഹോദര നൂഹ് അവൾ അല്ലാഹുക്കഞ്ഞ് മാറ്റീകളാം നിയാണ് ഉയവനാൽ അനുപ്പെട്ട നമ്പികൂരിയ തൂതനാവേൻ ആകെ അല്ലാഹുക്ക് അഞ്ചുങ്ങൾ എനക്ക് വഴിപെടുങ്ങൾ ഇതാ നാ ഉടം കൂലി എതു കേൾക്കില്ല നിശ്ചയമാലി അഖിലങ്ങൾക്കെല്ലാം അറബാനവനം ആകെ അല്ലാഹുക്ക് അഞ്ചു എനക്കും വഴിപെടുങ്ങൾ അവർ താഴ്ന്നവർ ഉമ്മ പിൻപറ്റും പോമാൻ കൊള്ളവോമാകൂർ അവരുടെ കെൾവികൾക്ക് പറ്റിയ വിസാരണമീൻകളെ വിലട്ടി വിടുപാംഗമായ അച്ചമൂട്ടി എച്ച അൻ റി അവർ കൂറിനാ ഉം പ്രചാരത്തെ വിട്ടും വിലകി കൊള്ളാവിട്ടാൽ നിശ്ചയമാർ കല്ലാൽ എറിന് കൊല്ലപ്പെടുവീർ അവർ കൂടിനെ എന്നുടേ സമൂഹത്താൽ നിശ്ചയമായ്യാക്കിവിട്ടാ നീ എക്കും അവർക്കും ഇടയേ തീർപ്പ് ചെയ്തു എന്നെയും എന്നുടൻ ഇരു മൂമിയങ്ങളെയും രക്ഷിപ്പായാ പ്രാർത്ഥിത്ത ആകെ നാം അവരെയും അവരുടെ ഇരുന്നവുകളെയും നിലനിന്ന കപ്പലിൽ രക്ഷിത്തോം അതപ്രഞ്ചി നാം മൂഴടിത്തോം നിശ്ചയമാതിൽ ഓർ അത്താക്ഷി ഇരുക്ക എനും അവരുമ്പോർ ഈമൻ കൊള്ളില്ലേ നിശ്ചയമാവരെയും മികപ്പവനാ കൃുകയുടയാണ് ആതു കൂട്ടത്തിനും ഇറൈദൂതെ പൊയ്പിത്തം അവരുടെ സഹോദരർ പോവനെ അഞ്ചമാറ്റീകളാ നിശ്ചയമാൻ ഉംിക്കു ഇറദൂതാവേൻ ആകെ നിങ്ങൾ അല്ലാഹുക്ക് അഞ്ചുങ്ങൾ എനക്ക് വഴിപെടുങ്ങൾ ൂലിയും കയക്കുറിയ കൂലി അഖിലങ്ങൾക്ക് എല്ലാം റപ്പാണവനേക്കാൻ ഒരാളും വീണാ ചിന്നെ നിർമ്മാണിക്കുന്ന നിരന്തരമാരുപ്പോം അഴകിയ വേലപ്പാട് മിക്ക മാളികളെ അമിത്തക്കൊളിന്നീകളും എവരെയും ഏതും കുറ്റങ്ങൾക്കിടത്താൽ മികവും പുതിയവർ പോല പി അല്ലാഹുക്ക് അഞ്ചുങ്ങൾക്കും പടുങ്ങൾ അറിവ് ബാക്യമായെല്ലാം കൊണ്ട് ഉണ്ടു അളിത്തു ആട് മാടു ഒട്ടകടുകളെയും പ്ലൈകളെയും കൊണ്ട് ഉദവിയാൻ ഇന്നും തോട്ടങ്ങളെയും തുറവുകളെയും കൊണ്ട് ഉദവിയാൻ നിശ്ചയമാഠിനേദന വരവിരുക്കും നാളെ പറ്റി അഞ്ചുകേൻ കൂറിനാ അവർ നീർ എങ്ങൾക്ക് ഉപദേശം ചെയ്താലും അല്ലെങ്കിൽ ഉപദേശം ഇല്ലാതിരുപ്പിനും ഇരടുമേ എങ്ങൾക്ക് സമംതാൻ കൂറിനാ വേദനാൾ അച്ചുറത്തും ഇതെല്ലാം മുൻവുകള വഴക്കമേ അൻ വേറില്ല വേദന ചെയ്യപ്പെടോ ഇവർ കൂറി അവർ അവരെ പൊയ്പ്പിട്ട് നാം അവയ ഓർത്താക്ഷി എനും അവരുപാലോർ നമ്പിക്കെ കൊള്ളില്ലേ നിശ്ചയമാവരെയും മികപ്പവനാ കരുപയുള്ളവനാ സമൂത് കൂട്ടത്താരും ഇറതൂത അവ സഹോദര സാലിഫ് നിങ്ങൾ ഇറവെ അഞ്ചമാറ്റീകളാ എന്ന് കൂറിയ പോയ ഉ നമ്പ ഇറദനാവേൻ ആകെ നിങ്ങൾ അല്ലാഹുക്ക് അഞ്ചുങ്ങൾ ും കൂയമാലി അഖിലങ്ങൾക്കെല്ലാം റബ്ബാനുള്ള അച്ചം തീർന്നവർ വിട്ടുവയ്ക്കപ്പെടുവീകളാ തോട്ടങ്ങളിലും തുറവുകളിലും വേളാൻ മൃതുവാന കുലകളെയുടെീച്ച മരങ്ങളിലും മലകളെ കുടുന്ന മഹി മിക്കതാണ് വീടുകളിൽ അമിത്തക്കൊളി ഇവറ്റിലെല്ലാം അച്ചം തീർന്നവരായി വിട്ടുവയ്ക്കപ്പെടുവീകളാ അല്ലാഹുക്ക് അഞ്ചുങ്ങൾക്കും വഴിപെടുങ്ങൾ ഇന്നും വരമ്പു മീറിയോരുന്ന കട്ട്ക്ക് വഴിപടാ അവർ ഭൂമിയെ കുഴപ്പം നന്മ ചെയ്യമാട്ടും കൂറിനാ അതൊക്കെ അവർ നിശ്ചയമാർ മികുതം സൂന്യം ചെയ്യപ്പെട്ടവരായി എങ്ങനെ പോണ്ട ഒരു മനുതരേ അഞ്ചി വേറില്ല ഉൽവരായി ഓർത്താ കൊണ്ടുവരും എന്നോ അത്താക്ഷിയാട്ടം കിണറ്റിലും അതൊക്കെ ഒരു നാൾ തന്നീർ കുടിപ്പ് ഉണ്ട് ഉണ്ടെന്നും കുറിപ്പിടപും മുറവും അവ ഒട്ടകത്തെ എവ്വിധ തീങ്കും തീണ്ടാദീ അവധി കഠിനമായ ഒരു നാളിൽ വേദന ഉണ്ടെങ്കിൽ പിടിച്ച് കൊള്ളും ഇവർ എച്ചി തന്നീർ കുടിക്കപ്പോ ഒട്ടകയൻ കൽ നരമ്പെ അവർ തരത്തുവിട്ട് അതേതെട്ട് വരുന്ന ആകെ വേദന അവർ പിടിച്ച് കൊണ്ടു നിശ്ചയമാതിലേ ഓർ അത്താക്ഷി എനും അവർ പെരുമ്പാലോർ നമ്പിക്കൊള്ളേലും നിശ്ചയമാപ്പു യാവരെയും മികപ്പവനാ കൃപയുള്ളവനാ ൂത്ത് സമൂഹത്താരും ഇതെ കൊയ്പ്പിത്ത അവ സഹോദര ലൂത്ത് നിങ്ങൾ ഇഞ്ചമാറ്റീകളാ നിശ്ചയമാ നമ്പിക ഇരദൂതാവേ ആകെ അല്ലാഹുക്ക് അഞ്ചുങ്ങൾക്കും വഴിപെടുങ്ങൾ നാൾ ഉങ്ങളുടെ യാതൊരു കൂലിയും കേട്ടവില്ല നിശ്ചയമാനക്ക് ഉറിയ കൂലി അഖിലങ്ങൾക്കെല്ലാം റപ്പാരിടമേ ഉലകത്താകളിൽ ആടവുകള നിങ്ങൾ ഉൾപ്പെട്ടുവിടുക വരമ്പുകടന്ത സമൂഹത്താറായി അതൊക്കെ അവർ ലൂത്തേ ഇപ്പേച്ചയെല്ലാം വിട്ടു വിലകൊള്ളാവിട്ടാൽ നിശ്ചയമാർ ഇങ്ങനെ വെളിയേറ്റപ്പെടുവീർ കൂടി നില അവർ കൂറിയ നിശ്ചയമാലുകള കടുമയ വെറുപ്പവനാൻ ഇളവനേ എന്നെയും കുടുംബത്താരെയും അവർ ചെയ്യും തീച്ചെലുകളെ വിട്ടും കാപ്പായ പ്രാർത്ഥിത്തേ നാം അവരെയും അവർ കുടുംബത്താർ യാവരെയും കാത്തക്കൊണ്ടോ പിന്നാലും തങ്ങിവിട്ടവളെ ഇരുന്ന് വിട്ട ലൂത്തിൻ മനവിയാണ് കിഴവിയെ തവർ നാം മറ്റവർ കള അഴിത്ത് വിട്ടോ ഇന്നും മീതു കൽമാറി ഒഴിയച്ചോം അച്ചമൂട്ടി എച്ച ആണിത്തവർ മീത് അക്കൽമാറി മികവും കെട്ടതാ നിശ്ചയമാതിലേ ഓർ അത്താക്ഷി എനും അവരുപാലോർ നമ്പിക നിശ്ചയമാപ്പു യാവരെയും മികപ്പവനാ കരുപയുടയാണ് തോപ്പുവാസികളും ഇറദൂതായി അവയ ഉ നമ്പിക ഇതാവേ ആക അല്ലാഹുക്ക് അഞ്ചുങ്ങൾക്കും വഴിപെടുങ്ങൾ മേലും ഇതാണ് ഉങ്ങളുടെ യാതൊരു കൂലിയും കേട്ടവില്ല നിശ്ചയമാനക്ക് ഉറിയ കൂലി അഖിലങ്ങൾക്കെല്ലാം റപ്പാരിടമേക്ക അളവയ അളവുങ്ങൾ അളവയെ കുറപ്പവ ഇരതീകൊണ്ട് നടുങ്ങൾ മനുതൃക്ക് കൊടുക്കിയൊരു കളി കുറച്ച് വിടാ ഭൂമിയ കുഴപ്പം ചെയ്തവരായി അറിയാതീ അഞ്ചിയും ഉണ്ടു പഠിപ്പിക്കും പഠിത്ത അവനുക്കേ അഞ്ചുങ്ങൾ കൂടിയ അവർ നിശ്ചയമായവരായി മനുഷ്യരേ അൻ റിയ്യലുകളിൽ ഒരുവരായി എണ്ണുകൾ വാനത്തിലിരുന്ന് ഒരു തുണ്ടെ എങ്ങൾ മീഡിയ വിഴുമ്പി ചെയ്യും നിങ്ങൾ ചെയ്തു കൊണ്ടുപത് രു നനു അറിവാൻ അവർ കൂറിന പിന്നും അവർ അവരെ പൊയ്പിത്ത അടർന്ന് ഉടയ ഒരു നാളെ വേദന അവ കളി വേദനയുണ്ട് നിശ്ചയമാർ അത്താക്ഷി എനും അവരുപാലോ നമ്പലും നിശ്ചയമാവരെയും മികപ്പവനാ ഉടയവനാളും നിശ്ചയമാണത് അഖിലങ്ങൾക്കെല്ലാം റപ്പാകിയ അവനാൽ इरे इरे ി വെച്ചത് അമീ എന്നും ഇറങ്ങിനെ അച്ചം ഊട്ടി എച്ച ഇവക്കിനോങ്ങളിലും അറിയിക്കപ്പെട്ടത് ബനോ ഇസ്രായലുകളിൽ അറിഞ്ഞുകൾ ഇത് പറ്റി നനു അറിഞ്ഞിരുന്ന അത്താക്ഷി അല്ലവാളിൽ അറബി അല്ലാതെ ഒരു മീഡിയ ഇറക്കി അവരും ഇത് അവർക്ക് ഓദി കാട്ടിപ്പറിയും അവർ മീൻ നമ്പോരുകയങ്ങളിലും പുതുകരോ നോവിനെ ചെയ്യും വേദനയെ കാണും വരെ അവർ അതിൽ നമ്പിക്കൈ കൊള്ള മാറ്റ അവ നിലയിൽ അവദനയാണ് ദീരം വരും അപ്പോഴത് അവർ എങ്ങൾക്ക് ചെറുകാലം അവകാശം കൊടുക്കപ്പെടുമാ നാം കൊടുക്കും വേദനക്കാ അവസരപ്പെടുക നാം അവ പല ആണ്ട്കൾ വരെ ഇവ ഉലിൽ പിന്ന അവ വാക്കിക്കപ്പെട്ട വേദനയാണ് അവർക്ക് വന്ന് വിട്ടാൽ അവർ ഇവ ഉലിൽ സുഹിത്തു കൊണ്ടിരുന്നത് അവൻ തരാത് ഊട്ടുവേ നബിമാ നാം അനുയായം ചെയ്തവരായി ഇന്നും ഷൈതാനുകൾ ഇവേദത്തെ കൊണ്ട് ഇറങ്ങവില്ല അത് അവർക്ക് തകതിയും അല്ല അവർ ശക്തി പനവമാറ്റൈതാനുകൾ ഇതെ കിലെന്നും ഒതുക്കപ്പെട്ടുള്ള ആതലും അല്ലാഹുടൻ വേറൊരു നായനെ അഴേക്കാദീ അവൻ വേദന ചെയ്യപ്പെടുവങ്ങളിൽ ഒരുവരായി താക്കിവിടുവീർ ഇന്നും ഉമ്മടിയ നെടുങ്കിയ ഉറവിനുമായി അച്ചമൂട്ടി എച്ചാഴ്ത്തി കനിയുടൻ നടന്നുകൊള്ളവീരായും ചെയ് വിലകൊണ്ടേ ഇന്നും യാവരെയും മികത്തവനും കരുവിക്കവനും ആകിയ ഇറവനമേ ഉമ്മ മുഴമ ഒപ്പട നീർ തനിക്ക് വഴങ്ങുവോട് ഉമ്മ പാർക്കറു സജിതാ ചെയോരുടെ ഇങ്ങുവതയും അവൻ പാർക്കറ നിശ്ചയമാവും ഏർപ്പവൻ മിക അറിവൻ യവർ മീത് ഷൈതാനുകൾ ഇറങ്ങുക അവവിക്കട്ടുമാൊല്ലും ഒര് പാദിയൻ മീതും അവർ ഇറങ്ങുക താങ്കൾ കേൾവിപ്പെട്ടതയെല്ലാം ഷൈക്കാനുകൾ അവൻ കാളിൽ പോടുമ്പാടോ ഇന്നും പുറവുകൾ എത്തോർ എന്നാൽ അവടാം പിൻപറ നിശ്ചയമാവ് പള്ളത്താച്ചിലും പാതയിലും അലൈൻ സി വരെ നവിയേർ പാർക്കില്ല ഇന്നും നിശ്ചയമാവുകൾ ഇമാൻ കൊണ്ട് ചാലിബാന അല്ലാഹുവായി അധിക ധ്യാനം ചെയ്തു തങ്ങൾക്ക് അനുയായം ചെയ്യപ്പെട്ട പിന്നെ അതക്കാർ പഴി തീർത്ത് കൊണ്ടാകളേ അവർ തവര കുറ്റവാളികളാം അനുയായം ചെയ്ത താങ്കൾ എങ്കു തുമ്പെല്ലാം എന്തും തട്ടി അറിഞ്ഞുകൊള്ളു